എന്നാൽ പിശാജ് അവരെ അതിൽ നിന്ന് തെറ്റിച്ചു അവർ ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്ന് അവരെ പുറത്താക്കുകയും ചെയ്തു നാം പറഞ്ഞു നിങ്ങൾ ഇറങ്ങുക നിങ്ങൾ പരസ്പരം ശത്രുക്കളായിരിക്കും ഒരു നിശ്ചിതകാലം വരെ ഭൂമിയിൽ നിങ്ങൾക്ക് താമസസ്ഥലവും ഉപജീവന മാർഗവും ഉണ്ടാകും